ുംയ്യ അഭിവന്യരായക്കളെ സാദാ തീങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനിവിടെ ഇരുന്നപ്പോ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഹൃദയൻഹു അവിടുത്തെ സഹീഹിന്റെ മുഖിമയിൽ ഹദീസുകളുടെ റിവായത്തുകളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞ ഒരു അഭിബാരത്തിന്റെ ഹദീസിൻ്റെ കിതാബുകളൊക്കെ ഓതുമ്പോൾ വഫീരിവായൻ എന്ന് പറഞ്ഞ് പറയാറുള്ളത് യഹൂമു മഖാമ യഹൂമു ഫി മഹാമി ഹദീസിൻ താമീൻ അതൊരു പൂർണ്ണമായ ഹദീസിൻ്റെ മഹാമിൽ നിൽക്കും ഇതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുനോലമയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നമ്മൾ ആരംഭിച്ച ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസവുമായി ഏറ്റവുമധികം ബന്ധമുള്ള അഷ്റഫുൽ ഖൽക്ക് തോഹ റസൂൽഹി സല്ലാഹു അലഹി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ദാത്തിൻ്റെ തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ടൊരു വിവാദം അന്ന് കേരളം മുഴുവനും പാവപ്പെട്ട ഞങ്ങളിത് പറഞ്ഞപ്പോ അതൊക്കെ കളവ് പറയുകയാണ് എന്ന് പ്രസംഗിച്ച് നടന്ന കുറേ മഹാന്മാരുണ്ട് അവർക്ക് വഫീ ഇബായത്തി ജിഷാൻ എന്ന് പറയുന്ന അഭിഭാഷക കാര്യമായ തലവേദന സൃഷ്ടിക്കുക ശരിക്കും ഞങ്ങൾ പ്രസംഗിച്ച മുഴുവൻ പ്രസംഗവും ജിഷാൻ ആവർത്തിക്കുകയായിരുന്നു ഇവിടെ ചെയ്തത് ഈ ജിഷാനെ നിങ്ങൾക്ക് മറക്കാൻ സാധ്യതയല്ല എന്തോ സാധ്യതയല്ല എന്താ കാരണം കാര്യമായും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വളരെയധികം സ്നേഹിച്ചിരുന്നൊരു മനുഷ്യനാണ് അതുകൊണ്ട് അയാളെ നമ്മളെ ടെലഫോണിൽ വിളിക്കും എന്തെങ്കിലും ചോദിക്കും ചിലപ്പോ ദേഷ്യം വരുന്ന കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുകയും നമ്മൾ അയാളോട് ദേഷ്യപ്പെട്ടാൽ ആ ദേഷ്യപ്പെടുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് അത് പുറത്തേക്ക് വരും നമ്മുടെ പേഴ്സണാലിറ്റി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇങ്ങനെയധികം ഇത്രയധികം കാന്തപുരത്തെ സ്വാധീനിച്ച് പ്രവർത്തിച്ചിരുന്നൊരു പ്രവർത്തകനാണ് അയാളാണ് ഇപ്പൊ ഇവിടെ കാര്യമായ പ്രസംഗം നടത്തിയത് ജിഷാന്റെ പ്രസംഗമാണ് ഇവിടെ നടന്നത് ജിഷാനെ സാന്ദർഭികമായി ഞാൻ നന്ദി രേഖപ്പെടുത്താൻ എനിക്കറിയാം മാഹിയിൽ അദ്ദേഹം നമ്മുടെ പ്രസംഗം കേൾക്കുന്നുണ്ടാവും മാന്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ ജിഷാൻ സ്വയം പ്രവർത്തിക്കാൻ ശ്രമിക്കണം ഞങ്ങൾ സന്തോഷപൂർവം കാന്തപുരം ഗ്രൂപ്പ് വിട്ടാൽ മതി നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിലും വേണ്ടിയില്ല കാരണം സംഘടനാ പ്രവർത്തകരല്ലാത്തവരെല്ലാരും നരകത്ത് പോകുന്ന വിശ്വാസമൊന്നും ഞമ്മക്കില്ല പക്ഷേ ജനങ്ങളെ വഴിപെഴുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന ശിക്ഷ എന്താണ് അള്ളാഹു പാവപ്പെട്ട നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഞാനിങ്ങനെ ആലോചിച്ച് വെക്കുക നമ്മളെ ആടിന് കുറ്റിമുറരാളുണ്ടല്ലോ എന്തായാലും പേര് പേരോട് നിർസല്ലാഹു അലിവസ്ലമാതങ്ങളെ സമ്മതം കിട്ടിയതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഉസ്താദവുകൾക്ക് ഈ മുടി കൈമാറുന്നതെന്ന് ആ ശേഖവുകൾ പറഞ്ഞപ്പോൾ ഞാനും ഉണ്ടായിരുന്നു എവിടെപ്പോ ഞാൻ അത്ഭുതപ്പെടുക ഇയാൾ പോലും ഭാഷ പ്രസംഗത്ത് കേട്ടപ്പോ പലപ്പോഴും ചെറുപ്പത്തിലൊക്കെ നമ്മളെ മനസ്സിൽ തോന്നിയിരുന്നു ഒരു മുഫലിസായ മനുഷ്യനാണ് ഇത്ര വില കുറയാൻ പറ്റോ ഒരു മനുഷ്യന് ഞാൻ ചോദിച്ചയാളോട് പണ്ടേ കോഴിക്കോട് പ്രസംഗിച്ചപ്പറ്റി എന്ത് കണ്ടിട്ട് തൂങ്ങാണ് എന്തെങ്കിലും കണ്ടോ ഇപ്പോഴിതാ പറയുന്നു ഈ കുട്ടി എന്ന് പറയാണ് ഞാനിത് അഞ്ചെടുത്തെട്ട് മുടി ഉണ്ടിരുന്നു തുറക്കലേ അതേപോലെ ഈ പറയപ്പെട്ട സത്യങ്ങൾ ഞാനിവിടെ കുറ്റവാളികളായി മൂന്നാളുകളെ കാണുമോ പ്രധാന കുറ്റവാളികൾ ഈ കേസിൽ മൂന്നാളുകളാണ് ഒന്ന് സ്ഥിരം കുറ്റവാളി കാന്തപുരം എ പിരിയാണ് രണ്ട് കാന്തപുരത്തിന്റെ റൈറ്റ് സൈഡായി പ്രവർത്തിക്കുന്ന പേരോള തരമാൻ സത്താഫി എന്ത് കുറ്റ അയാൾ ചെയ്ത് ചെയ്ത കുറ്റം ഞാൻ ചെയ്ത കുറ്റം ഒരു ലോക്കൽ ക്രിമിനൽ കുറ്റം അയാൾ ട്രാഫിക് ഒക്കെ ലംഘിക്കണമാതിരില്ലേ ഒരു ഉസ്താദിന്റെ അടുത്ത് മുത്താൻലി മോദി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ അടുത്തൊരു മുതാന്റിമി ജീവിക്കുമ്പോ അയാൾ പറയുന്നത് മുതാൻഡ് വിശ്വസിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അതേപോലൊരു തെറ്റാണ് ആദ്യം പേരോടാഫി ചെയ്തത് വെക്കുക രണ്ടാമത് ഈ മുടി പത്ത് പതിനെട്ടെണ്ണ ഒരു ചാക്കി കെട്ടി ജിസാമെന്ന് കാട്ടിക്കൊടുത്തപ്പോ ഇത് കള്ളത്തരമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും സംഘടനയെ വിചാരിച്ചിട്ട് പറയരുതെന്ന് ഉപദേശിച്ച മനുഷ്യൻ അയാളിനി മുസ്ലിം സമുദായത്തിന്റെ മതവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ യോഗ്യനല്ലെന്ന് സാന്ദർഭികം അവളെ സൂചിപ്പിക്കുകയാണ് അയാൾ പ്രസംഗം കേരള മുസ്ലിംങ്ങൾക്ക് വേണ്ട അയാളെ നേതൃത്വം ആവശ്യമില്ല അയാൾ എടോ വഹാബി എന്ന് പറഞ്ഞ് തലയും കുലിക്ക് നടക്കലേ ആ ആടിന് കുറ്റിമ വൃത്തികേടല്ലേ കാണിച്ചത് ഒരു സാധാരണക്കാരന്റെ സ്വന്തമന്വേഷണത്തിൽ അയാളിത് കണ്ടെത്തുകയും സമൂഹത്തോട് വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോ സ്വന്തം മുമ്പിലിരുന്ന് കിതാബ് ഓതിപ്പടിക്കണ മുതാലിമീകൾ രാവിലെയും വൈകുന്നേരവും ദിശാന ഭാഷയിൽ പറഞ്ഞാൽ ഈ മുടിമുക്കിയ വെള്ളത്തിൽ ചുംബിച്ചാൽ വറക്കത്ത് കിട്ടുമെന്ന് വറക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കിതാബ് ഓതിപ്പടിക്കുന്ന സ്വന്തം മുതാലിമീങ്ങളോട് മുസ്താദ് വെളിപ്പെടുത്തേണ്ട ധർമ്മമല്ലേ അത് കഴിക്കുന്ന ഭക്ഷണം പകത്ത് നൽകി ജോലി ചെയ്യുന്നതിന്റെ ഒരു ഭാഗം ഗൾഫിൽ നിന്ന് ഇവരെ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും അയച്ചു അയച്ചു കൊടുത്ത് ധരിക്കാനുള്ള അവസ്ത്രവും കഴിക്കാനുള്ള ഭക്ഷണവും സഞ്ചരിക്കാനുള്ള വാഹനവും നൽകുന്ന സമൂഹത്തോട് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറയാനുള്ള തന്റെ ഇടവും ആർജപവും പേരോടൊമാക്കാഫി കാണിക്കേണ്ടതല്ലേ മറ്റയാളുകാരെ വിത പറയണ്ട ആരെ ഒന്മളന്റെ അതെന്താ അയാൾ ശരിക്കും പറഞ്ഞാൽ ശികണ്ടിയ അയാൾ ആണുമല്ല വണ്ണുമല്ല ഉളുപ്പുള്ള വാപ്പാക്ക് പറഞ്ഞ ലക്ഷണം കാണാനില്ല അതാണ് ഇങ്ങനത്തെ മനുഷ്യന്മാരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് മുണ്ടെടുത്തിട്ടോ സംഘടന വിചാരിച്ചിട്ട് കേരളത്തിലെ മുസ്ലിംങ്ങൾ മുഴുവനും വെള്ളം കൊണ്ടുപോയി അതിങ്ങനെ കുടിക്കുകയാണ് ഈ കുടിക്കുന്ന മനുഷ്യൻ വിശ്വസിക്കുന്നത് ഈ മുടിയിൽ ഇതിൽ മുക്കിയ മുടി ആരുടേതാണോ അതിന്റെ പ്രവാചകനാണെന്നാണ് വിശ്വസിക്കുന്നത് മനസ്സിലാവും ഇങ്ങനത്തെ ഞാൻ പറയുന്നത് അഷ്റഫുൾ ഖൽക്കു റസൂലാഹി സല്ലാഹു വാലി വസ്ലമ തങ്ങളുടെ പേര് പറഞ്ഞ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ആളുകൾക്ക് ഒരുമിച്ചു കൂടാൻ ആവാത്ത വിധം വിവാദം നിലനിൽക്കാൻ പരസ്പരം കണ്ടാൽ മിണ്ടാൻ ആവാത്ത വിധം ഈ സമുദായം വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് അതിന്റെ പേരിൽ വ്യാപകമായ പിരിവും ബൃഹത്തായ പദ്ധതികളും നടപ്പിലാക്കുക പിന്നൊരു സാധനം ഒറിജിനൽ ആണോ എന്നറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി എന്താ അത് നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തൊക്കെ ഡ്യൂപ്ലിക്കറ്റാണ് അയാൾ തറക്കല്ലിട്ട് മുഴുവൻ ഡ്യൂപ്ലിക്കറ്റ ആ സരിതാനായ കേസൊക്കെ ഇപ്പൊ ഇപ്പോൾ പറഞ്ഞില്ലേ അത് മനുഷ്യൻ വൃത്തികേടാകാൻ ശ്രമിച്ച കോയമുട്ടല്ലേ ചെയ്യലേ കോയമുട്ടല്ലേ ചെയ്യ രാഷ്ട്രീയക്കാരന് രാഷ്ട്രീയ അജണ്ട ഉണ്ടാവും നമുക്ക് നമ്മൾ അജണ്ട ഉണ്ടാവും പറയുമ്പോ പേടിയാണ് എന്താ നമ്മളെ നാസർ ഫൈസിനെപ്പോ ഒരാൾ ക്രിമിനൽ ആയാണ് ചിത്രീകരിച്ചത് നാസർ ഫൈസി കൈ വെട്ടുന്ന പറഞ്ഞു ആരെ കെ എസ് ആർ ടി സിന്റെ ഞങ്ങൾ വെട്ടാൻ ഉദ്ദേശിച്ച കൈ എന്താന്ന് നിലമ്പൂരിൽ കാണിച്ച ധൈര്യം ഉണ്ടെങ്കിൽ അടുത്ത വർഷം അങ്ങനെ ഭയപ്പെടുന്നൊന്നുമല്ല നാസർ ഫൈസി പറഞ്ഞ കൈ ഏതാണ് അത് ഞങ്ങളെങ്ങനെ വെട്ടാതിരിശാല്ല നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ആര്യാടൻ മുഹമ്മദിനെ കാണിച്ചു കൊടുക്കുക എന്ന് ചെയ്യും അതിന് സംശയമൊന്നുമില്ല അത് മറ്റൊരു കാര്യം ഏതായാലും പറയാൻ പേടിയാ എന്താ ഇനിയിപ്പോ എന്ത് വാതിയിട്ടാണ് ചിത്രീകരിക്കാവോ ഏത് കേസാണ് വരാവോ പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടൊരു കാര്യം നമുക്ക് പറയാൻ എന്താ പറയ സ്വാതന്ത്ര്യമാകുന്നതിന്റെ മുമ്പ് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന്റെ മുൻപ് ോകം അടക്കി ഭരിച്ചിരുന്ന അതിക്രൂരായ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ദർവശികളായ സൂഫികളായ ആത്മീയ നേതാക്കന്മാരായ ഞങ്ങളുടെ മഹാനന്മാരായ നേതാക്കന്മാർ സമസ്ത കേരള ജനീയ തൊലവനമാകുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് തറക്കല്ലിട്ടത് അള്ളാഹു സാക്ഷി ഈ ഭൂമി ഉരുണ്ടു നിൽക്കുന്നിടത്തോളം കാലം അത് മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾക്കൊരു രാഷ്ട്രീയക്കാരന്റെയും പിന്തുണ ആവശ്യമില്ല എന്ന ബഹുമാനപ്പെട്ട ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഉത്തരം താങ്ങുന്ന പല്ലിയുടെ പ്രസംഗമാണ് ഇത് ബ്രിട്ടീഷുകാരന്റെ കാലത്ത് കയ്യിൽ പണമില്ലാതെ ധരിക്കാൻ വസ്ത്രമില്ലാതെ കിടന്നുറങ്ങാൻ സ്വന്തം ഭൂമിയില്ലാത്ത പാവപ്പെട്ട സമുദായം പടുത്തു വളർത്തിയ പ്രസ്ഥാനമാണ് ഇത് ഈ ഭൂമി ഉരുണ്ടാകാകുന്നിടത്തോളം കാലം മുന്നോട്ട് നയിക്കാനുള്ള ആർജവവും ധീരതയും ഈ പ്രസ്ഥാനത്തിനുണ്ട് അത് ആരുടെയും ഓശലയ്ക്ക് അങ്ങനെ കാര്യം തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ വെറുതെ തോന്നുന്നു കേരള മുഖ്യമന്ത്രിക്കൊരു തോന്നലുണ്ടാവും അതിന്റെ അന്തർനാടകം ഞാൻ കുറച്ച് പറഞ്ഞുതരാം പറയലേ പറഞ്ഞൂട കുറച്ച് ദിവസങ്ങൾക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ ഒരു സൽക്കാരുണ്ടായി എ പി അബ്ദുൽ ഹക്കി അസഹരി എന്തായാലും ഇത് കേൾക്കും മൂപ്പർ മനസ്സിലാക്കിക്കോട്ടെ ബോംബെയിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മനോഹരമായ ഒരു സൽക്കാരം നടന്നു മുപ്പത്തി ലക്ഷം രൂപയാണ് അതിന്റെ ബില്ല് ആ സൽക്കാരത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയാണെന്നും അന്നവിടെ എന്തൊക്കെയാണ് വിളമ്പിയതെന്നും ഇതിന്റെ പ്രധാന സംഘാടകനായ അച്ചായൻ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആവശ്യമുണ്ടാകുമ്പോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഈ നിറംമാറലിന്റെ കഥ ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയും അത് കേരള രാഷ്ട്രീയത്തിൽ ചില തൊപ്പി തെറിപ്പിക്കുകയും ചെയ്യുമെന്നോ സാമർത്ഥികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇത് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ വിചാരിക്കൂ ഇതെന്താ കഥ അല്ലെങ്കിലും ജിസാനും പേരോട് ഫോൺ ചെയ്യുന്നോട് ജിസ്മയ സക്കാഫി അവിടെ അമ്പലക്കടം ഉണ്ടാവുമോ ഉണ്ടാവും ബാബുദ്ദീൻ ഇസ്താദുണ്ടാവും പിന്നെ എങ്ങനെ അത് പുറത്തു വന്നു കുട്ടികളെ ഈ ഉരുണ്ട ഭൂമിക്കൊരു പടച്ചുണ്ടേ ഞങ്ങൾ റബ്ബും ഞങ്ങൾ തന്നെയാണ് കുത്തും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നടക്കോ ഇതിനൊരു പടച്ചുണ്ടേ അതെങ്കിലും മനസ്സിലാക്കാം കുറച്ച് അധിക ആത്മീയത ഞാൻ പറയുന്നില്ല ഇന്നക്കാലും കുറച്ചും കൂടി ഇൽമിൽ അള്ളാഹ് ഉണ്ട് മതി ഇന്നക്കാലും കുറച്ചും ഒരു കുതിരത്ത് അള്ളാഹുണ്ട് എന്ന് വിചാരിച്ചാൽ മതി ഞങ്ങളെക്കാളൊക്കെ ഉത്തരവാദിത്വം പരിശുദ്ധതയും പ്രചരിപ്പിക്കുവാൻ നമ്മുടെ കരളിന്റെ കഷ്ണമായ സയ്യദുന അഷറഫുൽ ഹത്ത് മുഹമ്മദ് റസൂലാഹി സലല്ലാ അലിഖലന്റെ മാതക്കുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പോ ഈ സംഭവങ്ങളുടെ തുടക്കം ഞാൻ ആലോചിച്ചു വെക്കുക ഒരു യാദശികത നമ്മളെ കൊണ്ടോണ്ടിയെടുത്ത് ഒരു സുലൈമാ മൂല്യർ ഏ സുലൈമ മൂലര് ഈ സുലൈമാലിയ അയാളെ വീടിന്റെ മുമ്പ് നമുക്കൊരു പ്രസംഗം ഉണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു സിനിമ മൂലരെ നിങ്ങളെ ജിശാൻ കൊണ്ടുവന്ന മുടി ഇത്രയ്ക്ക് കൊണ്ടുവന്നിരുന്നല്ലോ അത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടല്ലോ അത് ഡ്യൂപ്ലിക്കറ്റാന്ന് നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ബാക്കിയാത്ത സ്വാതിഹായത്തിൽ പോയി ഡിഗ്രി വാങ്ങാൻ വേണ്ടി ഈ നാട്ടുകേരി പിരിവിടുത്ത് പഠിപ്പിച്ച ആളാണ് ചുരുങ്ങിയത് വെള്ളം കുടിക്കേണ്ട നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചായിരുന്നു അല്ലെ ഉണ്ട ചോറിനൊരു നന്ദി വെച്ചാൽ മതി മതങ്ങൊട്ട് വിവാദാക്കി ചില ഫോൺ എവിടെ അവിടെ ഇവിടെ ഇപ്പോഴാണ് നോക്കിയിട്ട് ഫുള്ളായിട്ടുണ്ട് എല്ലാ പ്രതികളെയും പേര് ഇങ്ങനെ പറയാൻ മാതൃസാക്ഷിയായി ഒരു കാര്യം ഞാൻ കാന്തപുരത്തോട് തീർത്ത് പറയാൻ ആഗ്രഹിക്കാം നിങ്ങളുടെ അനുയായികളായിരിക്കാം പക്ഷെ അടിസ്ഥാനപരമായും അവർ മുസ്ലിമീങ്ങളാണ് സൈദന അഷ്റഫ് ഹൽക്ക് മുഹമ്മദ് റസലാഹിഹുനഹി വസല്ല മാത്തങ്ങളിൽ വിശ്വാസമുള്ളവരാണ് നിങ്ങൾ തെറ്റു ചെയ്യുന്നു എന്ന് തിരിച്ചറിയുന്ന ദിവസം നിങ്ങൾ അവരെ വഞ്ചിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന ദിവസം നിങ്ങൾ അവരെ പറ്റിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ദിവസം നിങ്ങൾക്ക് നേരെ ചെരുപ്പുകളുമായി ആർത്തെടുക്കുന്നത് ഈ തെറ്റിബീർധനികൾ മുഴക്കുന്ന സമുദായമാകരിക്കുമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലി ആരോട് മുമ്പേ നമ്മൾ പറഞ്ഞതാണ് മുമ്പേ തന്നെ നമ്മൾ പറഞ്ഞു ആരാ ഗദ്ദാഫിനെ അധികാരത്തിലേക്ക് ഓലെന്നെ പിടിച്ച് പുറത്തിട്ട് ആരാ മുസ്ലിം മുബാരക്കനെ കൊണ്ടുവന്നത് ഓലെന്നെ പുറത്തിട്ട് ഇത് ലോകത്ത് നടക്കുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ പാവൻ രാമന്തളി നമ്മൾ ആദ്യം പ്രസംഗിച്ച പറയുന്നു കുട്ടികളെ മുടിയെ ആരും അംഗീകരിച്ച് പ്രസംഗിക്കേണ്ട കുടിച്ചു പുറത്താക്കും മുടിനെ അംഗീകരിക്കുന്നവരൊക്കെ ഔട്ട് ഓഫ് സ്റ്റേഷനാക്കും ആ ഭാഗത്ത് ദിക്കർ ചെല്ലി കൊടുക്കുന്നവർ ഹാഫിദ് മതിയിലുണ്ടേൽ അയാളുടെ ദിക്കർ എന്താണ് ശേഖാരാണ് തൊരീഖ് എന്താന്ന് എനിക്കറിയില്ല പക്ഷെ രണ്ടു ദിവസം മുമ്പ് അവിടെ വലിയ ദോയ നടന്നു അള്ളാഹു കൊടുക്കുക ശിക്ഷണം കേട്ടോ എന്താ ദയാ ഇക്ബാൽ മുഹമ്മദ് ജാലിയാബാലൊക്കെ ദീർഘായം കൊടുക്കണേ കേട്ട പോക്കിന് നമ്മൾ പൊന്മളൊക്കെ ഹാറടകി ൂപരിന്ന് മുഷാവറം കൂടിയിട്ട് ആശുതിനെ പുറത്താക്കി രണ്ടു ദിവസം മുമ്പ് നടന്നത് വേണം ഇത് അയാൾക്ക് ദീർഘായ കൊടുക്കണം എന്നായിരിക്കും ഇത് മനസ്സിലായിട്ടോ പറയണേ ആവിടെ തുടങ്ങി ഫിത്തന അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് തന്റെ പര്യാവസാനത്തിലേക്ക് നീങ്ങുക എന്ന് കരുതി ആരും വിശ്രമിക്കേണ്ട ഇബിലിസിപ്പാടി നിർത്തി പോകാത്തടത്തോളം കാലം കാതപരം ഗ്രൂപ്പ് നിലനിൽക്കുന്നു ഇപ്പം ഈസ് റിട്ടയർമെന്റ് വാങ്ങി പോവുകയാണെങ്കിൽ നമുക്കാർക്കും പണി ഉണ്ടാവില്ല അല്ലെങ്കിൽ മുടി വന്നു കുറച്ച് കഴിയുമ്പോ തല വരും പിന്നെ കുറെ കഴിയുമ്പോ ഗോറൊന്ന് വരും അതൊക്കെ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ വരൊരു വലിയ ചാരിതാധ്യ ബോധം നിങ്ങളെ മുഖത്തൊക്കെ നോക്കുമ്പോൾ ഒരു സന്തോഷം കാണുന്നുണ്ട് അതെന്താണ് എവിടെ എത്തും എന്നൊരാശങ്ക പൊതുവെ ആദ്യമൊക്കെ മുടി പ്രഭാഷണം നടത്തേണ്ട കാലത്തുണ്ടായിരുന്നു ശരിയായാലോ എന്നൊരാശങ്ക ചിലർക്കുണ്ടായിരുന്നു ഇപ്പോ ഈ പറയപ്പെട്ട വെളിപ്പെടുത്തലുകൾ കണ്ടപ്പോ അതും ഇങ്ങനത്തെ ആളുകൾ പറഞ്ഞൊന്ന് കേട്ടപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവരുടെയും മുഖത്തൊരുതനം ആത്മവിശ്വാസം ഞാൻ കണ്ടുണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം നിർണയിക്കപ്പെട്ട ലക്ഷ്യം നമുക്കുണ്ട് ആ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാകണം അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കുന്ന ഒരു ദിവസം അന്ന് ൾക്ക് ചുറ്റും നിന്ന് പ്രതിരോധം തീർത്ത മഹാന്മാരായ സഹാബത്ത് റതിയുള്ള അവർക്കെതിരെ കള്ള അള്ളാഹുബിൻ വസല്ല മാ തങ്ങളെ വധിക്കാൻ ശ്രമിച്ചവരെ പ്രതിരോധിച്ചിൻ റദിയുള്ള പോലുള്ള മഹാധരന്മാർ വരും കള്ളഹദീഫുകൾ ഇസ്രായേലികൾ കടത്തിക്കൂട്ടിയപ്പോ അതിനെ പ്രതിരോധിച്ച ഇമാമിയങ്ങൾ വരും ആ കൂട്ടത്തിൽ പാവപ്പെട്ട നമുക്കൊരുമിച്ചു കൂടുമ്പോ അഷ്റഫുൽ റസൂൽഹി സൊല്ലാഹു അലഹി വസലമാ തങ്ങളുടെ തിരുശേഷിപ്പിന്റെ പേരിൽ കള്ളത്തരം പറഞ്ഞവരെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞ ആ ചാരിതാർത്ഥ്യത്തിൽ മഷ്റയിൽ ഒരുമിച്ചു കൂടാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മളോട് ഏറ്റവും പ്രഹ്മത്ത് ചെയ്യുമാറാവട്ടെ ഈ പരിപാടികളുമായി നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് ഉണർത്തി ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും